മൂസാലിഹിസ്ലാമിനുശേഷം അദ്ദേഹത്തിന്റെ ജനത തങ്ങളുടെ ആഭരണങ്ങളിൽ നിന്ന് ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി അതിന് ശബ്ദമുണ്ടായിരുന്നു അത് തങ്ങളോട് സംസാരിക്കുന്നില്ലെന്നും ഒരു വഴികാട്ടുന്നില്ലെന്നും അവർ കണ്ടില്ലേ അവർ അതിനെ ദൈവമാക്കി മാറ്റി അവർ അക്രമികളായിത്തീർന്നു